Om sau ye tamaya namo sitasake namo narayaya om sau sita namo narayaya സൈഷാ ആനന്ദ മീമാവുവാ സാധു യുവാധ്യശിഷ്ട്രതിഷ്ട ീ സർവാ പൂർണ്ണ സാ സോഷനേം ആനന്ദ സേകോ മനുഷ്യഗന്ധർ ആനന്ദം സ്വ്രേഷിത കാമ ത തൃലോകലോകോത്രയമഹ ത ോത്രയസഹത സമദേ േവാൻ അപ്പയ ശ്രോത്രയം സേവന തേ ം ദാദ സനന്ദ്രോത്രൃഹം ബൃഹസ്പതിരാന സജാതിരാനന്ദ പ്രജാപതിരാനന്ദ്രമണനന്ദത്രിമ തയ ലൗകികനന്ദോ ബാഹ്യാധ്യാത്മിക നിമിത്ത ലൗകികമായ ആനന്ദം അത് ഉത്കൃഷ്ടമാണ് സാധിശയമാണ് അത് ഇവിടെ നിർദ്ദേശിക്കുന്നു അത് ആനന്ദം വളരെ വലുതാണ് അത് വലിയ ഉയർന്ന നിലയിൽ ബ്രഹ്മാവിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് പക്ഷെ അത് ഏറ്റക്കുറച്ചിലുള്ളതാണ് അതിനോട് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാനന്ദ അനദമാർത്ഥം അനേല ഹി പ്രസിദ്ധേന ആനന്ദേന വ്യാവൃത്ത വിഷയ ബുദ്ധിഗമ്യ ആനന്ദവും അനുഗന്ധം സഖ്യത ഈ ആനന്ദം ജീവന്റെ അനുഭവത്തിലുള്ളതാണ് ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ് ഈ ആനന്ദത്തെ ധരിച്ചു കഴിഞ്ഞാൽ ഈ ആനന്ദത്തെ അറിഞ്ഞാല് വ്യാവൃത്ത വിഷയ ബുദ്ധിഗമ്യ വിഷയങ്ങളെല്ലാം വ്യാവൃത്തമായ ബുദ്ധി വിഷയങ്ങളെല്ലാം വ്യാപിത്തമായ ബുദ്ധി എന്ന് പറയുമ്പോൾ ആത്മബോധം ആത്മബോധത്തിലൂടെ അറിയേണ്ട ആനന്ദം അറിയാൻ കഴിയും എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ആനന്ദമാണോ ആത്മാനന്ദം എന്ന് ധരിച്ചു അത് വരാൻ പാടില്ല ഇതെന്താണ് ഇവിടെ വിഷയമുണ്ട് വ്യാപിടുത്ത വിഷയബുദ്ധിയല്ല വിഷയബുദ്ധിയിൽ നിന്നാണ് ഈ ആനന്ദം ഉണ്ടാകുന്നത് പറഞ്ഞു കർമ്മങ്ങളുടെയും ഉപാസനുടേയും മറ്റു അനുഷ്ഠാനം കൊണ്ട് ദേവത്വത്തെയും മറ്റും പ്രാപിക്കുന്ന ജീവന്മാർക്ക് അനുഭവിക്കാവുന്ന മഹത്തായ ആനന്ദം അത് വിഷയബുദ്ധിഗമ്യമാണ് ഇവിടെ പറയുന്നതല്ല വ്യാപിടുത്ത വിഷയബുദ്ധിഗമ്യമായി ഇത് ആത്മസ്വരൂപമായ ആനന്ദം മറ്റേതോ ലൗകികോപ്യാനന്ദവും ബ്രഹ്മാനന്ദ അത് ലൗകികമായ ആനന്ദമാണ് അതിന് പറയാം എന്താണത് ബ്രഹ്മാനന്ദത്തിന്റെ മാത്രയാണ് അംശമാണെന്ന് പറയാം സാധാരണ ജീവനെ കുറിച്ച് പറയുക പരമാത്മാവിന്റെ അംശം എന്ന് പറയുന്നതോന്നു എന്തുകൊണ്ട് ജീവനും പരമാത്മാവിന്റെ അംശമെന്ന് പറയുന്നു ജീവനില് ചൈതന്യം അനുഭവപ്പെടുന്നു പക്ഷെ അത് അംശികമായിട്ട് ഓരോ ജീവനും വേറെ വേറെ ഞാൻ വേറെ നീ വേറെ അതേസമയം ഓരോന്നും സത്താളും ഓരോന്നിനും ചൈതന്യമുണ്ട് അതുകൊണ്ട് ജീവനെ ജത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും എന്നാൽ അത് വേറെ വേറെ അനുഭവപ്പെടുന്നു അപൂർണമായി അനുഭവപ്പെടുന്നു അതുകൊണ്ട് പറയുന്നത് പരമാത്മാവിന്റെ അംശമാണ് അതുപോലെ ഇവിടെ ആനന്ദം വളരെ മഹത്തായി അനുഭവപ്പെടുന്നു ഇവിടെ ചെറിയ ആനന്ദം എന്നും പറയുന്നു തുടങ്ങുന്നതന്നെ വലിയ ആനന്ദം കിട്ടുന്നു പക്ഷെ ആനന്ദം തന്നെ പറയുമ്പോൾ പറയുന്നു ശ്രോത്രി അക്കാമഹത അക്കാമഹതനായ ശ്രോത്രി അബ്രജന അഭ്രധാരണത്തിൽ പറയും പാപമില്ലാത്തവൻ പുണ്യവാനായ പാപരഹിതനായ കാമങ്ങൾ കൊണ്ട് ഹനിക്കപ്പെടാത്തവൻ ഇത്തരം ആനന്ദം കൊണ്ട് ഹനിക്കപ്പെടാത്തവൻ ഇത്തരം ആനന്ദമാണോ ശ്രേഷ്ഠമെന്ന് കരുതുന്നവനാണ് അതുകൊണ്ട് ഹനിക്കപ്പെടുന്നത് ഈ പറയുന്ന വർണ്ണിക്കുന്ന ആനന്ദം ശ്രേഷ്ഠമെന്ന് കരുതിയാൽ അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളിലും ഉപായങ്ങളും എല്ലാം ഏർപ്പെടും അങ്ങനെയല്ലാത്തവൻ അവന്റെ ആനന്ദം ആ ആനന്ദം അതാണ് ബ്രഹ്മാനന്ദം അതിൻ്റെ ഒരു അംശമാണിത് അതിൻ്റെ ഒരു അംശമാണ് ഇവിടെ മഹത്തായ ആനന്ദമായി പ്രകടമാകുന്നത് എന്തുകൊണ്ട് അവിദ്യ തിരസ്ക്രിയമാണ് വിജ്ഞാനെ അവിദ്യ കൊണ്ട് വിജ്ഞാനം മറയപ്പെടുമ്പോൾ അവിദ്യ കൊണ്ട് സ്വർപവിജ്ഞാനം മറയപ്പെടുമ്പോൾ അവിദ്യ കൊണ്ട് യഥാർത്ഥ ആനന്ദം മറയുമ്പോൾ ഉത്കൃഷ്യമാണ് അവിദ്യായ അവിദ്യ വർദ്ധിക്കുന്നു ഈ സഹജമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ മറ അതിന് കട്ടി കൂടുന്നു അത് കാമ കൊണ്ട് വിഷയങ്ങളെ കാമിക്കുന്നു വിഷയങ്ങളെ കാമിക്കുന്ന എന്തിനു വേണ്ടി കാമത്തിനു വേണ്ടി ആനന്ദത്തിനു വേണ്ടി ആനന്ദാനുഭവത്തിന് വേണ്ടി വിഷയങ്ങളെ കാമി കാമിക്കും വിഷയങ്ങൾ ഉപാധിയാകുന്നു അവിടെ ആനന്ദം ഉപാധിയിലൂടെ അനുഭവപ്പെടുന്നു അത് ജീവനെ വീണ്ടും വീണ്ടും ആനന്ദാനുഭവത്തിന് പ്രേരിപ്പിക്കുന്നു അപ്പോൾ ലഭിച്ച ആനന്ദത്തിൽ തൃപ്തി വരാതെ വന്നു വലിയ ആനന്ദത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നു കാമഹതനായിത്തീരുന്നു ആനന്ദത്തിനുള്ള ആഗ്രഹം കൊണ്ട് സ്വയം ഹനിക്കപ്പെടുന്നു അതിൻ്റെ അന്വേഷിക്കുന്നു അതിൻ്റെ ഉപായങ്ങളെ പ്രവർത്തിക്കുന്നു അതാണ് കർമ്മവും ഉപാസനകൾ അതിലൂടെ ഉയർന്നുയർന്ന് ആനന്ദത്തെ പ്രാപിക്കുന്നു ദേവന്മാരും ബൃഹസ്പതിയും പ്രജാപതിയുമെല്ലാം ആയിത്തീരുന്നു അവിടെ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു ആ വലിയ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ സ്വരൂപാനന്ദം വിസ്മരിച്ചു പോകും മനുഷ്യജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദേവജന്മം അതെങ്ങനെയാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് മനുഷ്യജന്മത്തിന് ഇല്ലാത്തതായ പലതും അവിടെയുണ്ട് അലൗകികമായ ജ്ഞാനം അണിമാതി ഐശ്വര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മനുഷ്യജന്മത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് പക്ഷെ അവിടെ ഒന്നിൻ്റെ പോരായ്മ ആത്മജ്ഞാനത്തിൻ്റെ അവിടെ ആത്മജ്ഞാനത്തിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ട് ഉത്കൃഷ്യമാണ് എം ജ അവിദ്യ അവിടെ അവിദ്യ വർദ്ധിച്ചിരിക്കുകയാണ് ബ്രഹ്മാതി ബ്രഹ്മാദികൾക്ക് ബ്രഹ്മം വരെയുള്ളവർ ബ്രഹ്മം വരെയുള്ളവർ മായിൽപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവർ ഈ ആനന്ദത്തിനു വേണ്ടി ഉപാസനങ്ങൾ അനുഷ്ഠിച്ചവരാണ് അതിൻ്റെ ഫലമായവർ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നവരാണ് യഥാർത്ഥ ആനന്ദത്തെ അവർക്ക് കഴിയുന്നില്ല യഥാർത്ഥ ആനന്ദത്തിൽ അവർക്ക് നിഷ്ഠയുണ്ടാകുന്നില്ല കർമ്മവശാ കർമ്മ ഉപാസനയുമാണ് അവർക്ക് ആനന്ദത്തെ ഉണ്ടാക്കിക്കൊടുത്തത് ഇത് കർമ്മം കൊണ്ടും ഉപാസന കൊണ്ടും നേടുന്നതല്ല തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ ശേഷിക്കുന്നതാണ് പരമാർത്ഥ ആനന്ദം അതിന് കർമ്മത്തിൻ്റെ ആവശ്യമില്ല ഉപാസന ആവശ്യമുണ്ട് പക്ഷേ ബ്രഹ്മാദികൾക്കെന്താണ് കർമ്മം കൊണ്ടുണ്ടായത് യഥാവിജ്ഞാനം അവരുടെ ഉപാസനയ്ക്കനുസരിച്ച് അവർക്കും വൈദികമായ ജ്ഞാനമാണ് ഈ ആനന്ദത്തെ കൊടുത്തത് വൈദികമായ കർമ്മവും വൈദികമായ ഉപാസനവും അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവർക്ക് ഇത്രയും ശ്രേഷ്ഠമായ മഹത്തായ ആനന്ദാനുഭവം ഉണ്ടാകുന്നത് അതൊരു മനുഷ്യൻ ഒരു ജീവൻ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് ആർജിക്കുന്നതിന് എത്രയോ വലുതാണ് അവർ ഈ മനുഷ്യ ശരീരം വിട്ടിട്ട് ബ്രഹ്മാതി ശരീരത്തിൽ വിഷയാതിസാധന സംബന്ധവശാസ് വിഭാവ്യമാനശ്ച അവിടെ എന്താണോ വിഷയം തുടങ്ങിയ സാധന സംബന്ധം കൊണ്ടുണ്ടാകുന്ന കാരണം ആനന്ദം പ്രകടമാകണമെങ്കിൽ അത്രയും മഹത്തായ ആനന്ദം പ്രകടമാകണമെങ്കിൽ അവർക്ക് ബ്രഹ്മസ്ഥാനം ഇന്ദ്രന്റെ സ്ഥാനം ബൃഹസ്പതിയുടെ സ്ഥാനം വേണം അങ്ങനെയുള്ള സ്ഥാനങ്ങൾ വേണം ഉപാധികൾ വേണം ആ ഉപാധികളിലെ അത് പ്രകടമാകുന്നു മനുഷ്യ ശരീരത്തിരിക്കുമ്പോൾ അത്രയും വലിയ ആനന്ദം പ്രകടമാകുന്നില്ല അതാണ് വിഷായാതി സാധന സംബന്ധം കൊണ്ടുണ്ടാകുന്നു വിഭാവ്യമാണ് സ്ഥാന ലോകെ അനവസ്ഥിത അത് പ്രകടമാകുന്നു ആനന്ദം വിഷയാദി സാധന സംബന്ധവശാത് വിഭാവ്യമാണ് വിഷയാദി സാധന സംബന്ധം കൊണ്ട് അത് പ്രകടമാകുന്നു പരമാർത്ഥാനന്ദ എന്താണ് അത് സഹജമാണ് അത് സ്വയം പ്രകാശിക്കുന്ന സാധന സംബന്ധം കൊണ്ട് പ്രകാശിക്കുന്ന മനുഷ്യ ലോകം വിട്ട് മറ്റൊരു ലോകത്തിൽ പോയി അതനുഭവിച്ചാൽ അവിടെ എല്ലാ സാധന സംബന്ധം കൊണ്ട് പ്രകാശിക്കുന്നു സമാധിയിലുൾപ്പെടെ അത് പ്രകാശിക്കുന്നതാണ് ലോക അനവസ്ഥിത അതെന്താണോ അത് അനുഭവത്തിൽ അനവസ്ഥിതമാണ് ചഞ്ചലമാണ് എത്ര ശ്രേഷ്ഠമായികളുടെ സ്ഥായിത്വമില്ല വളരെ പണിപ്പെട്ടാണ് ഇന്ദ്രസ്ഥാനത്തിലെത്തിയത് ബ്രഹ്മാവിന്റെ സ്ഥാനത്ത് എത്തിയത് പക്ഷേ അനവസ്ഥിതവിടെയിരിക്കാൻ ഈ കൽപ്പ അന്തം വരെ ഇരിക്കാം അത് കഴിഞ്ഞാലില്ല അതുകൊണ്ടെന്താണ് ലൗകിക സമ്പദ്തേ അത് ലൗകികമാണ് ആനന്ദം ഈ സാധന സംബന്ധങ്ങൾ കൊണ്ടുണ്ടാവുന്നുള്ളത് ലൗകികമാണോ സാപേക്ഷമാണ് സാതിശയമാണോ ഉപായങ്ങൾ ആശ്രയിച്ചു വരുന്നതാണോ മറിച്ചാണെങ്കിലോ സഹജമാണോ ഒരു ഉപായങ്ങളെയും ആശ്രയിച്ച് ആനന്ദം പ്രകാശിക്കുന്നില്ല പരമാർത്ഥത്തിൽ എന്തുകൊണ്ടവിടെ അവൻ കാമഹതനാണോ അകാമഹതനാണോ കാമങ്ങളെല്ലാം നശിച്ചു അപ്പോൾ ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഉപാധികൾ അവിടെയില്ല കാമമാണ് മുഖ്യ ഉപാധി അതില്ല സയവ അവിദ്യ കാമ കർമ്മ പ്രകർഷേണ മനുഷ്യഗന്ധർവാദി ഉത്തരോത്തരോ ഭൂമിഷു അത് അനുഭവപ്പെടുന്നു എങ്ങനെ വിഭാവ്യത സമ്പദ്യതേ അവിദ്യ കാമ കർമ്മപ്രകർഷ അവിദ്യ കാരണമായിട്ടുള്ള കാമവും കർമ്മവും അതിന്റെ ആധിക്യം ഉണ്ടെന്നുള്ളത് അപ്പോൾ എത്രമാത്രം ആനന്ദം വർദ്ധിക്കുന്നു അത്രമാത്രം കാമകർമ്മങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നാലേ ഒരു മനുഷ്യനെ അപേക്ഷിച്ച് അവദ്യ കാമകർമ്മങ്ങൾ അധികമായിരിക്കുന്നു ബ്രഹ്മാവി സാധാരണ ജീവനപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ് പക്ഷെ തത്വവിജ്ഞാനത്തിൻ്റെ നിലയിൽ പറയുകയാണ് അതവിടെ അധികമായിരിക്കുന്നു എന്തുകൊണ്ട് ഈ ബ്രഹ്മാവ് ജഗത്തിനെ പോലെ സൃഷ്ടിക്കാൻ കഴിയുന്ന ബ്രഹ്മാവിലും ഉണ്ടോ വിദ്യ കാമ കർമ്മത്തിന്റെ ആധിക്യം അത് പറയാനെന്തുകൊണ്ട് കാരണം ദേവപ്രാപ്തി ബൃഹസ്പതി സ്ഥാനപ്രാപ്തി ഇങ്ങനെ പലതും പറയും ഗന്ധർവനാവുക ഇതിനെല്ലാം എന്ത് കാമകർമ്മങ്ങളാണോ ആവശ്യമുള്ളത് അതിലും വലിയ കാമകർമ്മങ്ങൾ കൊണ്ട് ബ്രഹ്മ സ്ഥാനത്തെ പ്രാപിക്കാൻ പറ്റും അത്രയും വർദ്ധിച്ച പുണ്യം വേണം ആ വർദ്ധിച്ച പുണ്യത്തിനും വർദ്ധിച്ച കർമ്മം വേണം ആ വർദ്ധിച്ച കർമ്മത്തിന് വളരെ ശക്തമായ അവിദ്യ പിന്നിന് വേണം എന്നാലേ അതൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും അപ്പോൾ മുകളിലേക്ക് പോകുമോറും അവർ അവിടെ എത്തിച്ചത് വളരെ ശക്തമായ കർമ്മങ്ങളാണ് അപ്പം അവിദ്യ അവിടെ കുറയുന്നില്ല അവിദ്യ കാമ കർമ്മ പ്രകർഷണ മനുഷ്യ ഗന്ധർവാദി ഉത്തരോത്തരഭൂമിഷവും മനുഷ്യൻ ഗന്ധർവ് എന്നിങ്ങനെ ഇവിടെ ക്രമമായി പറയുന്ന ഓരോ തലങ്ങൾ അവിടെയെല്ലാം എന്താണോ ലൗകികമായ ആനന്ദമാണോ സമ്പദ്ധ്യതയെ നല്ല അവിദ്യാകാമ കർമ്മങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത് അത് അനവസ്ഥിതമാണോ സ്ഥായിയല്ല ആ സ്ഥാനമെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരേണ്ടി വരും ആനന്ദത്തെ വിടേണ്ടി വരും അതുകൊണ്ട് ബ്രഹ്മാവ് പോലെയുള്ള ആനന്ദം അത് അതിൻ്റെ പ്രത്യക്ഷമാണ് ആ അനുഭവിക്കുന്ന ആനന്ദമാണ് ആനന്ദത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി കർമ്മം ചെയ്തു അതിൻ്റെ ഫലമായി ആനന്ദത്തെ അനുഭവിക്കും അവിടെ അനുഭവത്തിനും പ്രത്യേകം അവിടെ വിഷയ വിഷയീഭാവത്തിന് അനുഭവിക്കും മറിച്ചാണെങ്കിലും അക്കാമഹത വിദ്വുശ്രോത്രിയെ പ്രത്യേകിച്ചു അക്കാമഹതനായ കാമം കൊണ്ട് ഹനിക്കപ്പെടാത്തവൻ കാമനയിൽ നിന്ന് മുക്തനായവൻ ്രഹ്മലോകാപ്തിക്ക് വേണ്ടിയുള്ള കാമന കൊണ്ടാണ് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യത്തെ സമ്പാദിച്ചത് വിദ്വാൻ ശ്രോത്രിയൻ അവന് പ്രത്യക്ഷമായിരിക്കുന്നത് രണ്ടും പ്രത്യക്ഷമാണ് ഇവിടെ ബ്രഹ്മാവിനും ആനന്ദം പ്രത്യക്ഷമാണ് വിദ്വാനും ആനന്ദം പ്രത്യക്ഷമാണ് വ്യത്യാസം ബർമാവിനാനന്ദം വിഷയ വിഷയ വിഭാവത്തിൽ പ്രത്യക്ഷമായിരിക്കും ശ്രോത്രിനായ വിദ്വാന തത്വജ്ഞാനം കൊണ്ട് അത് സഹജമായി പ്രകാശിക്കുന്നതാണ് അവിടുത്തെ പ്രത്യക്ഷ അവനത് അപരോക്ഷമായിരിക്കുന്നു അപ്പോ വാസ്തവത്തിൽ രണ്ടാനന്ദമുണ്ടോ ഇല്ല അതുകൊണ്ട് ഒരു സായിയ ആനന്ദൊന്നു തന്നെ പ്രകാശം ഒന്ന് തന്നെ പക്ഷെ അത് പല ഉപാധികളിലൂടെ പല രൂപത്തിൽ അനുഭവപ്പെടും ഒരേ ഒരു സൂര്യൻ പല പല സൂര്യനായി അനുഭവപ്പെടുന്നു പലതരത്തിൽ മങ്ങിയപ്രകാശം തെളിഞ്ഞ ബിംബം മങ്ങിയ ബിംബം മൂടിയ ബിംബം പല വർണ്ണത്തിലുള്ള ബിംബം അങ്ങനെ പലതരത്തിൽ ഒരേ സൂര്യബിംബം പ്രതിബിംബിക്കുന്നു അതുപോലെ ഒരേ ഒരു ആനന്ദം തന്നെ സഹജമായ ആനന്ദം തന്നെ വിദ്വാൻ അപരോക്ഷമായിരിക്കുന്ന ആനന്ദം തന്നെ ബ്രഹ്മാതി ഉപാധികളിലൂടെ പലതരത്തിൽ പ്രകടമാകുന്നു അതാണ് സജീവ വിഭാഗ്യത ഇവിടെ രണ്ടും പറയുകയാണ് ഒരേ ഒരു ആനന്ദം തന്നെ സഹജമായി പ്രകാശിക്കുന്നു അത് സഹജമായി പ്രകാശിക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷം ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അപരോക്ഷം എന്നുള്ളത് അപരോക്ഷം എന്ന് പറഞ്ഞാൽ ഉപാധികളുടെ സഹായം കൂടാതെ അത് പ്രകാശിക്കും ഇതുപോലെ സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് സൂര്യന് സ്വയം പ്രകാശിക്കുന്നതിന് ജലത്തിൻ്റെ ആവശ്യമില്ല കണ്ണാടിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ പ്രയാതപരോക്ഷമായി പ്രകാശിക്കുന്നു പക്ഷെ ജലത്തിലെ സൂര്യന് പ്രകാശിക്കണമെങ്കിൽ ജലം വേണം അപ്പോൾ ജലത്തിലെ ആ സൂര്യന്റെ പ്രകാശത്തിന്റെ സ്ഥാനമേ ഉള്ളൂ ബ്രഹ്മാവിന്റെ ആനന്ദത്തിന് പക്ഷെ ആ സൂര്യ ബിംബത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ അല്ല ആ പ്രകാശത്തിൻ്റെ സ്ഥാനമാണ് വിദ്വത് ശ്രോത്രിയ പ്രത്യക്ഷമായ ആനന്ദം അത് അപരോക്ഷമായി പ്രകാശിക്കുന്നുണ്ട് ആ ആനന്ദം പ്രകാശിക്കുന്നതിന് അത് ഒരു മറവും തടവും കൂടാതെ പ്രകാശിക്കുന്നു എന്നാൽ വിദ്വാൻ അവിദ്വാൻ എന്നുള്ള ഭേദവും ഉണ്ട് ആത്മാവ് സദാ അപരോക്ഷമായി ആനന്ദരൂപത്തിൽ അത് പ്രകാശിച്ചു കൊണ്ടുതന്നെ ഇരിക്കും എന്നാൽ ഈ പറഞ്ഞ അകാമഹതനായ വിദ്വാനെ സംബന്ധിച്ചത് അവിദ്യ നാശത്തിൽ പ്രകാശിക്കുന്നു അപ്പൊ വിദ്വാന്റെ വിദ്യ അവിദ്യയെ നശിപ്പിക്കുന്നു അതിന്റെ പ്രകാശത്തിനൊന്നും തടസ്സമില്ല സ്വയം പ്രകാശിക്കുന്നതിന് മറ്റൊന്നും തടസ്സമില്ല തടസ്സമല്ലെങ്കിലും സൂര്യബിംബത്തെ മേഘം മറച്ചാലോന്ന് പ്രകാശിച്ചുകൊണ്ട് തന്നെ മേഘം മറച്ചില്ലെങ്കിലൊന്ന് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് അപരോഷ പ്രകാശം ആ പ്രകാശത്തിന് ഒരു ഏറ്റക്കുറച്ചിലും സൃഷ്ടിക്കാൻ മേഘത്തിന് കഴിയില്ല പക്ഷെ പ്രതിബിംബ പ്രകാശം അങ്ങനെയല്ല അത് ഉപാധിയുടെ തെളിമ അനുസരിച്ച് പ്രകാശത്തിന് വ്യത്യാസം മലിനജലത്തിൽ അഭ്യുക്തമായ പ്രകാശിക്കും ശുദ്ധജലത്തിൽ അത് നല്ല തെളിമയോടെ പ്രകാശിക്കും ഇതാണ് വിഷയവിഷയഭാവത്തിൽ അനുഭവിക്കുന്ന ആനന്ദം അത് ഏത് നിലയിലായാലും ശരി സമാധി വരെയുള്ള ആനന്ദം അതാ ഇത് സഹജമായ ആനന്ദം സ്രോത്ര പ്രത്യക്ഷമായിരിക്കുന്ന ആനന്ദം അതും പ്രകാശിക്കും അതിനൊരു മറയും കൂടെ അത് അത് മേഘം നിലനിന്നാലും നശിച്ചാലും അത് ഒരുപോലെ പ്രകാശിക്കും പക്ഷേ കാണുന്നവന് മേഘമില്ലെങ്കിൽ അത് സ്പഷ്ടം മേഘമുണ്ടെങ്കിൽ അത് അസ്പഷ്ടം അതുപോലെ വിദ്വാൻ ഇതിൻ്റെ പ്രകാശത്തിന് എന്താണോ തടസ്സമായിരിക്കുന്നത് അമായ അവിദ്യ അത് മാറിയാൽ എന്താണത് പ്രത്യക്ഷ സഹജമായി അത് പ്രകാശിക്കുന്നു സതഗുണോ ഉത്തരവര കർഷീണയാവത് ഹിരണ്യ ഗർഭസ്ഥ ബ്രഹ്മണ ആനന്ദം അതേ ആനന്ദം തന്നെ സ്വയം അപരോക്ഷമായി പ്രകാശിക്കുന്ന ആനന്ദം തത്വജ്ഞാനിയിൽ മറ മാറി ആനന്ദം അതുകൊണ്ട് ആ ആനന്ദം തത്വജ്ഞാനിയിൽ മാത്രമേ മറ മാറി വേറെ ഒരു സ്ഥലത്തും അത് മറം മാറി പ്രകാശിക്കത്തില്ല എന്തുകൊണ്ട് കാരണം അജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് അത് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് ജ്ഞാനത്തിന് മാത്രമേ കഴിവുള്ളൂ വേറെ ഒരു സാധനിക്കുന്നതിനും കഴിവില്ല മനസ്സ് എത്രയൊക്കെ സൂക്ഷ്മമായാലും മനസ്സിൽ എന്തൊക്കെ വിശേഷസിദ്ധികളുണ്ടായാലും സമാധി പോലെയുള്ള മനസ്സിൽ എത്ര ഏകാഗ്രമായാലും ശരി ഈ മറം മാറാതെ അത് പ്രകാശിക്കത്തില്ല ഈ മറ മാറ്റുന്നതിനൊന്നും അപ്പോൾ വിദ്വാനെ അത് മറമാറി പ്രകാശിക്കുന്നു തത്വജ്ഞാനം കൊണ്ട് മാത്രം മറ്റൊന്നും അതിനുപായമില്ല സമാധിയിലും മറ്റും സമാധി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ടുവരുന്ന സമാധിയിലും മറ്റും വലിയ ആനന്ദം അനുഭവിക്കുന്നുണ്ടല്ലോ ഇല്ല എന്ന് പറയുന്നില്ല ഈ സമാധിയിൽ വലിയ ആനന്ദം ആരാണ് അനുഭവിക്കുന്നത് ജീവൻ അതിന് എത്രയോ വലിയ ആനന്ദമാണ് ബ്രഹ്മാവ് അനുഭവിക്കുന്നത് ഇന്ദ്രൻ അനുഭവിക്കുന്നത് ഗന്ധർവൻ അനുഭവിക്കുന്നത് മനുഷ്യ ശരീരത്തിലൊരു ജീവൻ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്ന ആനന്ദമല്ല ഭാഷകാലം പറയും ഈ മനുഷ്യ ശരീരം ദിവ്യവും മനോഹ്യവുമായ ശരീരത്തെ സ്വീകരിച്ച് അണിമാതി ഐശ്വര്യങ്ങളെല്ലാം എല്ലാം സ്വായത്തമാക്കിയിരുന്നു ദേവന്മാരും മറ്റും അനുഭവിക്കുന്ന ആനന്ദം ആനന്ദവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവൻ മനസ്സിൻ്റെ ഏകാഗ്രത അനുഭവിക്കുന്ന ആനന്ദം വളരെ തുച്ഛമാണ് കാരണം അവൻ ജീവനായിരുന്നു ശരീരത്തിൻ്റെ പരിമിതിയിലാണ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യനെ തുടങ്ങി ദേവന്മാരിൽ എത്തിച്ചേരുന്നത് നമ്മളെ പറഞ്ഞു നിശ്ചാത്ത ഗുണം ഉത്തര ഉത്തര ഉത്കർഷീന അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു നൂറരട്ടിന്ന് നമ്മൾ പറയുന്നു നൂറരട്ടി എന്ന് സാറിന് പറയുന്നത് എന്താണ് കൃത്യമായി നൂറരട്ടി എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെക്കാൾ ഇത്രയോ അത് വലുതാണ് പറയുന്നു അത് നൂറരട്ടി വലുപ്പോണ്ടാണ് എന്ന് വെച്ചാൽ ഇതിന്റെ കൃത്യമായി നൂറ് ഇരട്ടിച്ച് വലുതെന്നല്ല അർത്ഥം അവിടെ സംഖ്യ സംഖ്യാർത്ഥത്തിലല്ല വളരെ എന്നുള്ള ബഹുത്വർത്ഥത്തിലാണ് ഇപ്പം നൂറ് അട്ടി വലുപ്പം എന്ന് പറയുന്നത് ശതഗുണോക്കർഷ് എന്ന് പറഞ്ഞാൽ എത്രയോ മഹത്താണ് ആനന്ദൊന്നും മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജീവൻ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അനുഷ്ഠിച്ച് ഈ മനുഷ്യ ശരീരം വിട്ടിട്ട് ഇവിടെ ഭാഷകാരൻ പറഞ്ഞതുപോലെ ഗന്ധർവാദ്യ ഉത്തരോത്തരഭൂമി വളരെ വളരെ ശ്രേഷ്ഠമായ ഭൂമികകളിൽ അനുഭവിക്കുന്നത് അത് ഏതുവരെ യാവത് ഹിരണ്യഗർഭ്യ ബ്രഹ്മണ ആനന്ദ ഹിരണ്യഗർഭത്തിന്റെ ബ്രഹ്മാവിന്റെ ആനന്ദം വരെ എത്തിച്ചേരുന്നു ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ വിദ്വാൻ വേറെ ഒരു സ്വീകരിക്കാതെ ഒരു ഭൂമികളിലെയും പ്രാപിക്കാതെ വിദ്യ കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് ഇതിലെല്ലാം എത്രയോ ശ്രേഷ്ഠമായ അനന്തത്തെ എന്ന് പറയുമ്പോൾ അവിടെ ശതഗുണോത്തരവെന്നുള്ള അർത്ഥത്തിലല്ല ഈ അനന്തത്തെക്കാളും വലിയൊരു എന്തോന്നുള്ള അർത്ഥത്തിലല്ല സഹജമായ അപരോക്ഷമായ സ്വയം പ്രകാശിക്കുന്ന സത്തായ ചിത്തായ ആനന്ദത്തെ അനുഭവിക്കുന്നു അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു സ്വസ്വരൂപത്തെ അനുഭവിക്കുന്നു ജ്ഞാനത്തെ അനുഭവിക്കുന്നുവെന്നോ എന്ത് പറഞ്ഞാലും അവിടെ അർത്ഥവ്യത്യാസമില്ല അത് രണ്ടിനെയും തമ്മിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ മുഴുവൻ താരതമ്യപ്പെടുത്തി എന്താ രണ്ട് തമ്മിൽ വ്യത്യാസം അതിലൂടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനന്ദത്തിന്റെ ഉത്കർഷത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഒരാൾ ഏകാഗ്രമായിരുന്നു മനസ്സിൽ നിന്നും മറ്റു വിഷയങ്ങളെല്ലാം ഒഴിവാക്കി ഏതെങ്കിലും ഒരു വിഷയത്തിൽ അനുകൂലമായി തോന്നുന്ന വിഷയത്തിൽ ഭയം കാമം ക്രോധം തുടങ്ങിയവയ്ക്ക് നിമിത്തമല്ലാത്ത വിഷയത്തിൽ ആ വിഷയത്തിൽ അത് ലൗകികമായ വിഷയമായാലും മതി മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന് ആ വിഷയത്തിന് ശേഷിയുണ്ടെങ്കിൽ ഉടൻ ആനന്ദം അനുഭവപ്പെടും അതാണ് പൽപ്പായസം കുടിച്ചിട്ട് പൽപ്പായസത്തൊന്ന് സ്മരിച്ച മനസ്സ് മറ്റു കാര്യങ്ങളിൽ നിന്ന് പോയി പൽപ്പായസത്തിലേക്ക് വന്നാൽ ഉടൻ സന്തോഷം ഉടൻ ആസ്വദിക്കും എത്ര നന്നായിരുന്നു എന്തുകൊണ്ട് മനസ്സവിടെ വിഷയത്തിലേകാഗ്രഹമാകുന്നു അപ്പോൾ യോഗികളും മറ്റും ചെയ്യുന്നു ഇത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പിൻവലിയെത്തക്ക സൂക്ഷ്മമായ വിഷയത്തിലേക്ക് മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അവർക്ക് ഇതിലും വലിയ ആനന്ദം ഉണ്ടാകും ആനന്ദം മനസ്സിൽ പ്രകടമാകുന്നു അതിൽ ഉത്കർഷം വരുന്നു ലൗകികം അലൗകികം എന്നിങ്ങനെ ഉത്കർഷം വരുന്നു തത്വജ്ഞാനെങ്ങനെയാണ് എങ്ങനെയാണ് നിരസേതു അവിദ്യാകൃതയെ വിഷയവിഷയി വിഭാഗേ വിദ്യയാ ഈ ആനന്ദ അനുഭവത്തിലെല്ലാം എന്താണോ വിഷയവിഷയി വിഭാഗവും ആനന്ദത്തെ അനുഭവിക്കുന്നവൻ ആനന്ദം ഇവിടെ പറഞ്ഞല്ലോ ബ്രഹ്മാവ് ആരാനന്ദ അനുഭവിക്കുന്നത് ബ്രഹ്മാവ് ആരാണ് ഇന്ദ്രൻ അല്ലെങ്കിൽ ഗന്ധർവ് വിഷയിരിക്കുന്നു വിഷയമായിരിക്കുന്നു ആനന്ദം തന്നെ വിഷയമായിരിക്കും അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഉപാധികൾ വിഷയമായിരിക്കും ബ്രഹ്മാവിന് ബ്രഹ്മസ്ഥാനത്തിരുന്നാലേ ബ്രഹ്മലോകത്തിലിരുന്നാലേ അത് അനുഭവ അനുഭവിക്കാൻ പറ്റും മനുഷ്യലോകത്ത് സാധ്യത അപ്പം ബ്രഹ്മലോകം എന്നിരുന്ന ഉപാധി വേണം അതാണ് ആ വിഷയ വിഷയി വിഭാഗം എന്താണോ അവിദ്യാകൃതമാണോ വിദ്യയാ തത്വജ്ഞാനം കൊണ്ട് ബ്രഹ്മലോകം വരെയുള്ളതിനും നിഷേധിക്കുന്നു എങ്ങനെ ഈ സർവകല്പനകൾക്കും കാരണമായിരിക്കുന്ന അജ്ഞാനത്ത് നിഷേധിക്കുന്നു നിഷേധിച്ചു കഴിഞ്ഞാൽ നിരസ്തേ സ്വാഭാവിക അതാണ് സഹജമായ ആനന്ദം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി വരുന്നവരൊന്നും അത് സ്വാഭാവികമാണോ എന്താ സ്വാഭാവികം അത് ആത്മാവിന്റെ സ്വഭാവം തന്നെയാണ് പരമാത്മസ്വരൂപം തന്നെയാണ് അതെങ്ങനെയാണ് ഏറ്റക്കുറച്ചിലല്ല മറിച്ച് പരിപൂർണമാണ് വിഷയ വിഷയവിഭാഗം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അത് ഒന്നും അത് ആനന്ദം എന്താണ് ആ എനിക്ക് കുറച്ച് സമയം ഞാൻ സമാധിയിലിരുന്ന ആനന്ദം ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ ആനന്ദം വിട്ടുപോയി വീണ്ടും ഞാൻ സമാധിയിലേക്ക് പോയാൽ ആനന്ദം ഉണ്ടാകും ആനന്ദം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാതിരിക്കണം അങ്ങനെയുണ്ടോ യോഗിയിലെ ആനന്ദം വ്യവഹാരത്തിലേർപ്പെട്ടാൽ നഷ്ടപ്പെട്ടു ഏകാന്തയിലിരുന്നാലേ ആനന്ദത്തെ നിലനിർത്താൻ യോഗിക്ക് പറ്റും മനസ്സ് സമാഹിതമായിരുന്നാൽ ഏകാഗ്രമായിരുന്നാലേ യോഗിക്ക് ആനന്ദം കിട്ടും വിധാനത്തിലേക്ക് വന്ന് ഞാൻ സമാധി വിട്ട് ഈ ജാഗ്രത്തിലേക്ക് വന്നാൽ പിന്നെ യോഗിയെന്ത് ചെയ്യുന്നു പഴയ ആനന്ദത്തെ സ്മരിക്കുന്നു എങ്ങനെ ഞാൻ ഇതുവരെ സമാഹിതനായിരുന്നു എന്ന് പറയുന്നു തത്വജ്ഞാനിയും യോഗിയും തമ്മിലുള്ള വ്യത്യാസം തത്വജ്ഞാനിക്ക് പറയാൻ കഴിയും എന്താണോ ഞാൻ ഇത്രയും കാലം സമാഹിതനായിരുന്നു ഏകാഗ്രതയോടുകൂടിയിരുന്നു യോഗിക്ക് ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിച്ചു ഇപ്പം ഞാൻ ആ സമാധിയിൽ നിന്ന് ഉണർന്നു വളർന്നിട്ടും എനിക്ക് ആനന്ദത്തെ സ്മരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഏതാനന്ദത്തെ അനുഭവിച്ചാലും നമുക്ക് സ്മരിക്കാൻ ആ തീവ്രത ഉണ്ടാകുന്നേ ചിലപ്പോൾ സ്മരണയിൽ അനുഭവത്തെക്കാൾ വലിയ തീവ്രത ഉണ്ടായെന്നും വരാം കൂടുതൽ ആനന്ദിക്കുന്നത് അങ്ങനെയും വരാം എന്തായാലും അവന് സ്മരിക്കാൻ കഴിയും എന്താണോ മുമ്പ് ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിച്ചു ഇപ്പോൾ ആനന്ദം ഇപ്പോഴും ഉണ്ട് ുമ്പനുഭവിച്ച ആനന്ദം ഇപ്പോഴുമുണ്ട് അത് കാലപരിമിതിയോടുകൂടി അനുഭവിക്കുന്നു എനിക്ക് ഹിമാലയ തീരുന്ന ആനന്ദം ഇവിടെ വന്നപ്പോഴുമുണ്ട് ദേശ പരിമിതിയോടുകൂടി ആനന്ദത്തെ അനുഭവിക്കാനും സ്മരിക്കാനും കഴിയും തത്വജ്ഞാനിയുടെ ആനന്ദം അങ്ങനെയല്ല പരിപൂർണ അതിന് കാലപരിധി ഇല്ല ദേശത്തിൽ ഇതെങ്ങനെ തത്വം ഞാനീ അനുഭവത്തിൽ ഇത്ര പണ്ട് ഞാൻ ജനിച്ചു ഇത്രാ പണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഗുരുവിനെ കണ്ടു അതിൽ ഇത്ര തീയതി ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡ് എനിക്ക് ആനന്ദമുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഇതുവരേക്കും ആനന്ദം തന്നെ ഒരു അതുവരെ ഉണ്ടായിരുന്നു എനിക്ക് ആനന്ദമില്ലായിരുന്നു അതുവരെ സുഖദുഃഖ സമ്മിശ്രമായിരുന്നു അതുവരെ ഞാൻ ആനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യത്നം ചെയ്തുകൊണ്ടിരുന്ന സാധകനായിരുന്നു അതെല്ലാം മാറി സുഖമായി പട്ടെല്ലാം മാറി ശരിയായി പരിപൂർണമായ ആനന്ദം ഇതല്ല തത്വജ്ഞാനിയുടെ ആനന്ദം തത്വജ്ഞാനിയുടെ ആനന്ദം എന്നാണ് ഏക ഏകമായ ആനന്ദം മുമ്പ് ഇല്ലാതിരുന്ന പിന്നീട് വന്ന ആനന്ദമല്ല അദ്വൈതഹ അതിന് കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഒരു ഭേദത്തെ കൽപ്പിക്കാൻ പറ്റില്ല തത്വജ്ഞാനിയെ സംബന്ധിച്ച് താൻ ആനന്ദസ്വരൂപനാണ് കാലദേശങ്ങൾക്കൊരിക്കലും തൻ്റെ ആനന്ദത്തെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല താൻ കാലത്തിലും തൃകാലത്തിലും കാലാതീതനായും ആനന്ദസ്വരൂപനാണ് ഇന്നലെ ഇല്ലാത്ത ആനന്ദവും ഇന്ന് വന്ന് നാളെ ഇന്ന് അത് എന്നുള്ള ഭയമില്ല എന്തുകൊണ്ട് തത്വജ്ഞാനി നിത്യമുക്തനാണ് തത്വജ്ഞാനി ബന്ധനത്തിൽ നിന്നും മുക്തനായ ആളല്ല മറിച്ച് നിത്യമുക്തനാണ് അപ്പൊ നിത്യമുക്തനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇല്ലാതിരുന്ന ആനന്ദം ഇന്ന് വന്നതല്ല ത്രികാലത്തിലും ബന്ധനമേ സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് തത്വജ്ഞൻ കാലാതീതനാണ് അത്വജ്ഞന്റെ ആനന്ദം സാദിശയമാണ് നിരദിശയമാണ് എന്നാലേ അതിന് ഏകമെന്ന് പറയാൻ കഴിയും അതിന് അദ്വൈതമെന്ന് പറയാൻ പറ്റും ഏകവും അദ്വൈതവുമായിരിക്കുന്ന ആനന്ദം അതിൽ കാലം ഭേദത്തെ സൃഷ്ടിക്കുന്നില്ല ഇന്നലെ വരെ ഞാൻ ബന്ധനത്തിലായിരുന്നു ഇന്ന് മുക്തനായി എന്നല്ലാത്ത തോന്നിൻ്റെ അനുഭവം ഞാൻ നിത്യമുക്തനാണ് ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞത് അത് വ്യർത്ഥമായി ആരോപിക്കുന്നുണ്ട് ബന്ധനം ആരോപിതമാണ് ബന്ധനം ആരോപിതമായിരിക്കുമ്പോൾ ആരോപിതമായി മുക്തിയുമുണ്ട് തന്റെ സഹജമായ ഭാവത്തിൽ ബന്ധനത്തെയും കല്പിക്കുന്നില്ല മുക്തിയും കല്പിക്കുന്നില്ല എന്ന് പറയുന്നത് നിത്യാനന്ദം നിത്യാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇന്നലെ ഇല്ലാതിരുന്നെന്നുണ്ടായാണോ ഇന്നലെ ഇല്ലാതിരുന്നെന്നുണ്ടായതിന് നിത്യാനന്ദം എന്ന് പറയാൻ അത് പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ എന്താണ് പറയുന്നത് നിത്യാനന്ദം സഹജം സ്വാഭാവികം പറഞ്ഞാൽ എന്താണോ ഒരിക്കൽ ഇല്ലാതിരുന്നിട്ടുണ്ടാകുന്നതിന് സഹജമൊന്നും സ്വാഭാവികമൊന്നും പറയാൻ പറ്റത്തില്ല പറയുന്നു അഗ്നിയുടെ ഉഷ്ണം അഗ്നിയുടെ പ്രകാശ് സഹജമാണ് എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ കുറച്ചു കാലം അതില്ലാതിരുന്ന് പിന്നെ അത് ഉണ്ടായിരുന്നാണോ എന്ന് പറയാൻ പറ്റും അതില്ലാതിരുന്നുണ്ടാകുന്ന അഗ്നിയുടെ സ്വഭാവമാണത് അഗ്നിയിൽ സ്വാഭാവികമാണ് സഹജമാണ് ഇപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ച് അതാണ് വിദ്വാനോ അവിദ്വാനോ തമ്മിലുള്ള വ്യത്യാസം നേരത്തെ ചോദിച്ചിട്ട് അവിദ്വാനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കല്പനകളൊക്കെ ഉണ്ട് എന്താണ് ആ വിദ്വാനും പറയുന്നു ഞാനിപ്പോൾ ബന്ധനസ്ഥനാണ് എനിക്ക് ഗുരുവിനെ പ്രാപിക്കണം ശാസ്ത്രത്തെ പ്രാപിക്കണം ചെറോണ മനനങ്ങളെല്ലാം അനുഷ്ഠിക്കണം എന്റെ അജ്ഞാനത്തെ നശിപ്പിക്കണം എനിക്ക് മുക്തനാണ് ഇതെല്ലാം വിദ്വാന്റെ നിലയാണ് ആ വിദ്വാനും ആ പരമാത്മസ്വരൂപം തന്നെ പരമാത്മസ്വരൂപമായിരുന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നു ആനന്ദത്തിന് വേണ്ടി എത്തിക്കുന്നു ഇത്തരം കൽപ്പനകളെ പിന്തുടർന്നു അതാ വിദ്വാന്റെ തന്നെ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേവലം കൽപ്പനകൾ മാത്രം സ്വയം താൻ പരിപൂർണനാണ് പരിപൂർണതയിൽ ഇങ്ങനെ ബന്ധനം വരും പരിപൂർണതയിൽ ഇങ്ങനെ ആനന്ദമില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ടിവിടെ നിഷേധിക്കും ആനന്ദത്തിന്റെ പ്രാഗഭാവം അങ്ങനെയൊന്നുമില്ല ഒരു വസ്തു ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുമ്പോഴേ അതിന്റെ പ്രാഗഭാവം ഉണ്ടാവും മുക്തിക്ക് പ്രാഗഭാവമില്ല ആനന്ദത്തിന് പ്രാഗഭാവമില്ല തത്വജ്ഞാനത്തിന് പ്രകലഭാവം ഇല്ല പരമാർത്ഥത്തിൽ അത് സദാ ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ തത്വജ്ഞാനം അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ആ തത്വവിജ്ഞാനത്തെ പ്രാപിക്കുന്നത് വരെ അങ്ങനെ അഭിപ്രായം വരാം ആ എനിക്ക് മുക്തിയെ പ്രാപിക്കണം ഞാൻ ബന്ധനത്തിലാണ് എനിക്ക് ആനന്ദത്തെ പ്രാപിക്കണം അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് തെറ്റല്ല ഈ മായ ഉള്ളിടത്തോളം കാലം അതൊക്കെ പറയാം അജ്ഞാനം ഉള്ളിടത്തോളം കാലം അതിനൊക്കെ ഒരു വാസ്തവികതയുണ്ട് അത് അനുഭവിക്കുന്നതാണെന്ന് ശരിക്കാമോ പക്ഷേ തത്വജ്ഞന്റെ അജ്ഞാനം അങ്ങനെയല്ല അത് പരിപൂർണമാണ് കാലാതീതമായ തത്വത്തിൽ കാലം കൊണ്ടതിനെ പരിച്ഛന്നമാക്കാൻ പറ്റത്തില്ല ഇന്നലത്തെ ബന്ധനം ഇന്നത്തെ മോക്ഷം അങ്ങനെയില്ല ഇന്നലത്തെ ദുഃഖം ഇന്ന് ആനന്ദം അങ്ങനെയുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയും അയാളുടെ ബന്ധനത്തിലായിരുന്നു മുക്തനാണ് അത് അജ്ഞനെ മനസ്സിലാക്കുന്നതിനുള്ള ഉപായങ്ങളെന്നുള്ളതായി ഉപായങ്ങൾ പലപ്പോഴും അസത്യത്തെയാണെന്ന് പിന്തുടരുന്നത് സത്യത്തെ സത്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള അസത്യമായ ഉപായങ്ങൾ ആ രീതിയിലാണ് പറയുന്നത് മറിച്ച് എന്താണോ നിരസേത്വ അവിദ്യാകൃതയെ വിഷയവിഷയ വിദ്യയാ വിദ്യ നശിച്ചു കഴിയുമ്പോൾ സ്വാഭാവികം അസ്വാഭാവികമായ ആനന്ദത്തിൽ അവിടെ വിദ്യയുമില്ല അവിദ്യയുമില്ല ഉഭയ പറയുന്നു അതുവരെ ഉണ്ട് അവിദ്യ ഉള്ളിടത്തോളം കാലമേ വിദ്യയുള്ളൂ അവിദ്യ ഇല്ലെങ്കിൽ പിന്നെ വിദ്യയ്ക്ക് എന്താണ് അതാണ് സ്വാഭാവികമായ ഇതാണ് തത്വജ്ഞാനിയുടെ ആനന്ദം ഈ ആനന്ദ സമാധി കിട്ടത്തില്ല അത് കിട്ടത്തില്ല അതുകൊണ്ട് ഈ ആനന്ദത്തെ പറയാൻ വേണ്ടിയിട്ട് പറയത് സഹജ സഭ സമാധിയാണ് എന്ന് വെച്ചാൽ സ്വാഭാവികമായ സമാധി സ്വസ്വരൂപം തന്നെയായ സമാധി സഹജ സമാധി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളൊരു പ്രത്യേക ഭാവമാണോ ഞാൻ സഹജ സമാധിയിലാണ് ഒരു പ്രത്യേക മൂഡിലാണെന്നോ അങ്ങനെ പ്രത്യേക മൂഡൊന്നുമില്ല സഹജ സമാധി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമാണ് കുഴപ്പമാണെന്ന് പറഞ്ഞാൽ കുളമ്പാർ കൊണ്ടുപോകണമെന്ന് നിർത്തും സഹജ സമാധിക്കട്ടെ അതല്ല അതെന്താണ് പരിപൂർണമാണ് സ്വാഭാവികമാണ് ണോ ആനന്ദമാണോ ഇതിന് ഇതിനപ്പുറം വിശദീകരിക്കാൻ പറ്റത്തില്ല മണ്ഡു പറഞ്ഞ അഭയ ഭയദർശന അഭയത്തിൽ ഭയത്തെ ദർശിക്കുന്നവർ കേട്ട ഞെട്ടും ആരുടെ ഇത് പരിപൂർണമാണ് ഏകമാണ് ആനന്ദമാണ് അദ്വൈതഭൂതി ഇത്യേതം അർത്ഥം വിഭാവേഷൻ ഇതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീണ്ട കഥ ഇവിടെ പറയുന്നത് ഇതിൽ നിന്ന് വേറൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല വലിച്ചു നീട്ടാവുന്ന ചുരുക്കാവുന്ന ഒരു ആനന്ദത്തെക്കുറിച്ചെന്ന് കൂടെ പറയുന്നു ആനന്ദത്തിൻ്റെ സഹജമായ നില എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഈ രണ്ട് മൂന്ന് ചെറിയ വാക്കുകൾ കൊണ്ട് പരമാവധി പറഞ്ഞു കഴിഞ്ഞു അത് സ്വാഭാവികമാണ് പരിപൂർണമാണ് ഏകമാണ് ആനന്ദമാണ് അദ്വൈതമാണ് ഇതിനെല്ലാം വെളിപ്പെട്ടു കഴിഞ്ഞു തത്വജ്ഞാനിയുടെ നില ആനന്ദം വരികയും പോവുകയും ചെയ്യുന്നില്ല തത്വജ്ഞാനി ആനന്ദത്തെ ാപിക്കുന്നില്ല പ്രാപ്യമായ ഒരു ആനന്ദമില്ല തത്വജ്ഞാനയ്ക്ക് വിഷയവിഷയി വിഭാഗത്തിൽ അനുഭവിക്കാനൊരാനന്ദമില്ല തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ് സഹജമാണ് അപരോക്ഷമാണ് അപ്പം സ്വാഭാവികം സഹജം അപരോക്ഷം എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ മറ്റുള്ള കൽപ്പനകളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിൽ ഇനിയും കൃത്രിമമായി എന്തെങ്കിലും ആരോപിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത്യവിധം അർത്ഥം പറയുന്നു ഭാഷകാരൻ ഈ അർത്ഥത്തെ വിഭാവേഷ്യൻ വളരെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രുതി പറയുന്നു അടുത്ത അടുത്ത കഥ പറയുന്നു എന്നാണ് യുവ പ്രഥമവയാഹ യുവവസ്ഥ അതായത് ഒരു ജീവന്റെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ അവസ്ഥ അതിനാണ് യുവ പ്രഥമെന്ന് വെച്ചാൽ മുഖ്യം ആദ്യത്തെ തന്നെ ആദ്യത്തെ ബാല്യമെന്ന പ്രഥമോ മുഖ്യാന്യ കേഹ പ്രഥമത്തിനങ്ങനെ പദാർത്ഥങ്ങളുണ്ട് ഏകം പ്രഥമം ആ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആ അവസ്ഥ ബാല്യത്തിന്റെ വിവേക ശൂന്യതയില്ല വാർദ്ധക്യത്തിന്റെ ക്ഷീണവും ഇല്ല അതിനെ വിശദീകരിക്കുന്നു സാധുവിവേദി സാധുശ്ചാസു യുവാചേതി യൂനോ വിശേഷണം യുവാവിനെ വിശേഷിപ്പിക്കുകയുള്ളൂ യുവാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുവായിരിക്കും പിത്തം പിടിച്ചിരിക്കുന്നവനായാൽ പറ്റത്തില്ല സാധുവായിരിക്കും യുവത്വത്തിന് വേണ്ട എല്ലാ ഗുണവിശേഷങ്ങളും ഉണ്ടായിരിക്കും യുവാ അസാധുർഭവതി യുവാവെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യുവാവ് തന്നെ ചിലപ്പോൾ ബാലനെ പോലെ ഇരിക്കും യുവാവ് തന്നെ ചിലപ്പോൾ വർദ്ധനക്കോലെയാകാം ഒന്നിനും കൊള്ളാത്തവനുമാണ് അതുപോലെ യുവാവുമായിരിക്കണം സാധുവായിരിക്കും എന്നുവെച്ചാൽ യുവത്വത്തിന് വേണ്ടുന്ന എല്ലാ ഗുണവിശേഷങ്ങളോടും കൂടിയവനായിരിക്കും അതുപോലെ സാധുരപ്പി ആ യുവാ ഇനി തിരിച്ചും വരാം എന്താണോ സാധുക്കളെല്ലാം യുവാവായിരിക്കണമെന്നില്ല അങ്ങനെയല്ലല്ലോ വൃദ്ധന്മാരും സാധുക്കൾ കാണും പക്ഷെ അവർ യുവാവായിരിക്കുന്നു സർവഗുണസമ്പന്നന്മാരും കാണും പക്ഷെ യുവത്വത്തിൻ്റെ പോരായ്മകൾ അതുപോലെ അത് വിശേഷി യുവാസ്യാത് സാധുവ അതുകൊണ്ട് പറഞ്ഞ എന്താണ് സാധുവ അതിൻ്റെ പൂർണ്ണതയെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഒരവസ്ഥയുടെ ഇവിടെ പറഞ്ഞു യുവാ സാധു അദ്ധ്യായകു അധീത വേദ അപ്പോൾ യുവാവ് സാധു എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും വിചാരിക്കും അങ്ങനെ തിരിഞ്ഞും പറഞ്ഞു നോക്കുകയോ അപ്പോൾ എന്നെപ്പോലെ ആയിരിക്കും ആയിരിക്കും ഉദ്ദേശിക്കുന്ന അല്ല അധ്യായക അധീത വേദ വേദം ശരിയായി അധ്യയനം ചെയ്തവൻ അതുകൂടെ വേണം വൈദികനായ യുവാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ സങ്കല്പത്തിലൂടെ ആളല്ല ആശിഷ്ട ആശുതമ ക്ഷിപ്രകാരിഷുമധ്യേ സ്വയം അതിശയത്വാർത്ഥ ആശിഷ്ടമ ആശുതമ എന്ന് പറഞ്ഞാൽ നല്ല സാമർഥ്യമുള്ളവൻ എന്ത് കാര്യങ്ങൾ ക്ഷുപ്രകാരികൾ എന്ന് വെച്ചാൽ നല്ല സാമർഥ്യപൂർവം ലൗകികവും വൈദികവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിന് ശേഷമുള്ള നല്ല യുവാവാണ് നല്ല തടിയുണ്ട് പക്ഷേ അലസനാണ് അങ്ങനെയൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞു ക്ഷിപ്രകാര്യമധ്യേ സ്വയം അതിശയത്വതിഷ്ഠ ദൃഢതമഹ അതും വേണം എന്തിനും ശേഷിയുള്ളവൻ എന്നു യുവാവാണ് ആണു മിടുക്കനാണ് പക്ഷെ ഊതിയ പറന്നു പോകും അതുപോലെ ദൃഢതമനായിരിക്കണം ബലിഷ്ട ബലവത്തമ നല്ല ബലമുള്ളവനായിരിക്കണം ശാരീരികവും മാനസികവും പറഞ്ഞല്ലോ ലൗകികവും അലൗകികവുമായ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നതിനുള്ള ക്ഷമതയുള്ളവൻ പറയുന്നു ഏവും ആധ്യാത്മിക സാധന സമ്പന്ന ആധ്യാത്മികമായ എല്ലാ സാധനങ്ങളും കൂടിയാണ് ആധ്യാത്മിക സാധനം എന്ന് പറയുമ്പോൾ എന്താണ് ശാരീരികമായും മാനസികമായും ബുദ്ധിക്ക് വിശേഷതയുണ്ടായിരിക്കണം മനസ്സിന് ഏകാഗ്രത ഉണ്ടായിരിക്കണം നല്ല സ്മരണശക്തി ഉണ്ടായിരിക്കണം ശരീരത്തിനെല്ലാ കർമ്മത്തിനുമുള്ള ശേഷി ഉണ്ടായിരിക്കണം ഫിറ്റായിരിക്കണമെന്ന് ചുരുക്കം അങ്ങനെയുള്ള ഒരുവൻ തസേയം പൃഥിവി ഉർവീ സർവ വിത്ത വിന ഉപഭോഗസാധനേന ദൃഷ്ടാർഥന അതിഷ്ടാർത്ഥന ച കർമ്മസാധനേന സമ്പന്ന പൂർണ രാജ പൃഥി പതിരി അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശമല്ല ഈ പൃഥിവി മുഴുവൻ അവന്റെ അധീനത്തിലാണോ തസേം പൃഥിവി ഉർവീ സർവ പൃഥിവി മുഴുവൻ അവന്റെ അധീനത്തിൽ എന്ന് പറയുമ്പോ ആരായി രാജ പൃഥിവി പതി അങ്ങനെയുള്ള ഒരാളെ കുറിച്ച പറയുന്നു പൃഥിവിതിയാണ് സർവജ്ഞനം മനുഷ്യനല്ലേ അതുകൊണ്ട് ഭൂമിയെ പറഞ്ഞു ഈ ഭൂമിയിലേക്കവൻ പതിയായിരിക്കുന്നു എങ്ങനെ വിത്തസ്യ വിത്തേനോ ഉപഭോഗ സാധനേന ദുഷ്ടാർഥേനോ അധിഷ്ഠാർത്ഥേന കർമ്മസാധന സമ്പന്നം കർമ്മസാധനം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഭൂമി അങ്ങനെയുള്ള ഭൂമിയാണല്ലാതെ മരുഭൂമിയുടെ രാജാവായിരുന്നതിന്റെ കാര്യം വിത്തം എന്തിനുള്ള ഉപഭോഗ സാധനം ഉപഭോഗം ആനന്ദാനുഭവം ആനന്ദാനുഭവത്തിന് ഉപായമായിരിക്കുന്ന വിത്ത ആനന്ദമെന്ന് പറയുന്നത് എന്താ ഇവിടെ അനുഭവിക്കുന്ന ആനന്ദമാണ് അതുമാത്രമല്ല ദുഷ്ടാർത്ഥേന അധിഷ്ടാർത്ഥേന ദുഷ്ടപ്രയോജനത്തിനും അധിഷ്ടപ്രയോജനത്തിനും വേണ്ടിയുള്ളു ദുഷ്ടപ്രയോജനം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആനന്ദങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഇവിടെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള സാധനമാണ് പിന്നെ ഇത് മാത്രം പോലെ പരലോകത്തിന് സ്വർഗം പോലെയുള്ള അസുഖങ്ങൾ അധിഷ്ടാർത്ഥം അതനുഭവിക്കുന്നതിനുള്ള സാധനവും ഉണ്ടായി എന്താണ് അതാണ് പറഞ്ഞ നേരത്തെ അവൻ ശ്രോത്രിനായിരിക്കണം ഇവിടത്തെ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേദം വേണം പക്ഷേ പരലോകസുഖത്തെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം വൈദികജ്ഞാനം വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഉപാസനകൾ അനുഷ്ഠിക്കണം കർമ്മസാധന അതാവണത് ഏത് ആനന്ദത്തെക്കുറിച്ച് അറിയുന്നോ ആനന്ദത്തെ പ്രാപിക്കുന്നതിന് ശേഷിയുള്ള ഭവനു പിന്നെ നിരാശയ്ക്കൊന്നും കാര്യമുണ്ട് ഈ ലോകത്തിൽ ജീവിച്ചാലിവിടെയുള്ള സർവ്വ മുഖഭോഗ സാധനങ്ങളിലൂടെയും എല്ലാ അനുസൃത്തനുഭവിക്കുന്നു ചക്രവർത്തി ഈ ലോകം വിട്ടാൽ പരലോകത്ത് പോയി അവിടെയുള്ള അധിഷ്ഠാർത്ഥങ്ങളെല്ലാം അനുഭവിക്കുന്നു അവനെന്തു പറയാം സമ്പന്ന പൂർണ്ണ ഇതെല്ലാം കൊണ്ട് പൂർണ്ണനായിരിക്കുന്നു അവന് എത്ര വലിയ സന്തോഷമായിരിക്കുന്നു ചക്രവർത്തിയാണ് സർവ്വവും അവന്റെ അധീനതയും ശത്രുക്കളൊന്നുമില്ല അങ്ങനെ ഒരു ഭയവുമില്ല കാരണം അവൻ ശക്തനാണ് പിന്നെ ശത്രുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ആരെങ്കിലും വന്നാലും അവൻ നേരിടും അപ്പോൾ അവന് ഈ ലോകത്ത് രാജ്യത്തിലിരുന്ന് രാജ്യം ഭരിക്കുന്നതുകൊണ്ട് രാജ്യസുഖഭോഗങ്ങളെ അനുഭവിക്കുന്നതുകൊണ്ടുള്ള പരമാവധി ആനന്ദം ഇനി ഇതൊക്കെ നഷ്ടപ്പെട്ടാലോ താൻ മരിച്ചു പോയാലോ അങ്ങനെ ചിന്തയില്ല കാരണം മരിച്ചാൽ അവിടെ ആനന്ദം അനുഭവിക്കുന്നതിനുള്ള അവനൂടെ ചെയ്യുന്നുണ്ട് കർമ്മങ്ങളും മറ്റും ചെയ്യുന്നുണ്ട് അശ്വമേധവും ജ്യോതിഷവും എല്ലാം ചെയ്യുന്നുണ്ട് ഇതിലപ്പുറം ഒരാൾക്കെങ്ങനെയാണ് ഈ ലോകത്ത് ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നു ഒരുപാട് വിത്തം ഉണ്ടായതുകൊണ്ട് ഒരാൾക്ക് വലിയ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല ശ്രോത്രിനല്ലെങ്കിൽ എന്തുകൊണ്ട് ആനന്ദം അനുഭവിക്കുമ്പോൾ തന്നെ അവൻ വിചാരിക്കും ഇതെല്ലാം നശിച്ചുപോയി എന്റെ ശരീരം നശിക്കും അപ്പൊ ഈ വിത്തം എല്ലാം നഷ്ടപ്പെടും ഈ ആനന്ദമെല്ലാം അപ്പം ആ വിചാരവും ശ്രോത്രിയനായ പൃഥിപതിക്ക് അങ്ങനെയല്ല മരണ ശേഷവും ആനന്ദമാണ് പൂർണ്ണമായ ആനന്ദത്തിലാണ് ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയ ആനന്ദമാണ് ദുഃഖമില്ലാത്ത ആനന്ദം അയാളുടെ ആനന്ദത്തെടുക്കുക ഈ ആനന്ദമാണ് തസ്യച ആനന്ദ സഹീപോ മാനുഷോ മനുഷ്യനാണ് പ്രകൃഷ്ഠയ ആനന്ദം ഇവിടെ പറയുന്നത് മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായ പരമാവധി ആനന്ദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ ആനന്ദമാണ് മാനുഷോ മനുഷ്യണം പ്രകൃഷ്ഠ ഏക ആനന്ദ മനുഷ്യന്റെ ഏറ്റവും പ്രകൃഷ്ഠമായ ഏകമായ ആനന്ദമാണ് ഇതിനൊരു മനുഷ്യാനന്ദ ഇതാർക്കാത് ുഷ്യാനന്ദ ഇങ്ങനെയുള്ള നൂറ് മനുഷ്യാനന്ദം എന്ന് വെച്ചാൽ നൂറ് കണക്കിന് മനുഷ്യാനന്ദം എടുത്തോളു പറഞ്ഞു ശതം എന്ന് വെച്ച ബഹു അങ്ങനെയുള്ള നൂറുകണക്കിന് മനുഷ്യാനന്ദത്തെ എടുത്തോളൂ എത്ര എടുക്കാമോ അത്രേ എടുത്തോളൂ സ ഏക മനുഷ്യഗന്ധർവാണമാനന്ദ അതാണ് ഒരു മനുഷ്യഗന്ധർവന്റെ ആനന്ദം അപ്പൊ അത് എത്ര വലിയ ആനന്ദമായിരിക്കും ഈ മനുഷ്യ ശരീരത്തിലിരുന്ന് പ്രാപിക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി ആനന്ദം അപ്പുറമായി ഈ മനുഷ്യ ആനന്ദത്തിൽ വരും സമാധിയിലെ ആനന്ദമൊക്കെ മനസ്സിന്റെ ഏകാഗ്രത കിട്ടുന്ന ആനന്ദമൊക്കെ ഇതിൽ വരും എന്തുകൊണ്ട് പറഞ്ഞു ഇവൻ ശ്രോത്രിയനാണ് ദിഷ്ടുവും അദിഷ്ടുവുമായ ആനന്ദത്തിന്റെ ഉപായങ്ങളെല്ലാം അവനുണ്ട് അപ്പൊ അതിഷ്ടമായ ആനന്ദത്തിന്റെ ഉപായ ഉപായത്തിൽ ഉപാസനയും പെടും കർമ്മം പോലെ തന്നെ ഉപാസനയും അതിഷ്ടമായ ആനന്ദത്തിന്റെ ഉപായവും അപ്പൊ അതിൽ പോലെയുള്ള നൂറുകണക്കിന് ആനന്ദത്തിന്റെ അപ്പുറത്തെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യഗന്ധർവന്റെ ആനന്ദം അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല മാനുഷ ആനന്ദ സതഗുണേനോത്കൃഷ്ടോ മനുഷ്യഗന്ധർവാണ ആനന്ദോഭവതി മനുഷ്യഗന്ധർവന്മാരുടെ ആനന്ദം സദഗുണ ഉത്കൃഷ്ടമാണ് നൂറരട്ടി വലുതാണ് വേറെയും മനുഷ്യ മനുഷ്യഗന്ധർവനെന്ന് പറയുന്ന ആരാണ് മനുഷ്യരീതിയിലുള്ള വല്ല ഗന്ധർവന്മാരുമാണോ അല്ല എന്നാണ് പാഷ്യതാരം പറയുന്നത് ആണെന്ന് വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട് മനുഷ്യരിൽ തന്നെ നല്ല പാട്ട് പാടുന്നവർ യേശുദാസനെയും പോലെയും പറ്റും പാടുന്നവരാണ് മനുഷ്യഗന്ധർവന്മാരെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആധുനിക പണ്ഡിതന്മാരുണ്ട് ഭാഷയകാരാണ് എന്നത് മനുഷ്യ സന്ത കർമ്മ വിദ്യാവിശേഷ ഗന്ധർവത്വം പ്രാപ്ത മനുഷ്യഗന്ധർവഹ മനുഷ്യരായിരുന്നു ഈ കല്പത്തിൽ തന്നെ മനുഷ്യജന്മം കിട്ടി മനുഷ്യജന്മം കിട്ടിയിട്ട് കർമ്മവിദ്യാവിശേഷ കർമ്മവും ഉപാസനകളും കൊണ്ട് ഏത് കർമ്മമാണോ ഉപാസനറിഞ്ഞാൽ കൊള്ളാമല്ലോ എന്ന് ആരും ചോദിക്കരുത് എനിക്കറിയില്ല പിന്നെ അടുത്ത് അതൊന്നും നോക്കിക്കളയാം ഇതുകൊണ്ടൊന്നും ഇപ്പൊ യാതൊരു വിശേഷിച്ച പ്രയോജനമൊന്നും ഉണ്ടായില്ല മനുഷ്യ ഗന്ധർവ്വനായിക്കളെ അതിനെ കുറിച്ചൊന്നും എനിക്കൊരു പിടിയില്ല പിടികിട്ടിരുന്നെങ്കിൽ ഞാനും ആയ കർമ്മവിദ്യാ വിശേഷ കർമ്മ ഉപാസനയും കൊണ്ട് ഗന്ധർവത്വം പ്രാപ്താഹ ഗന്ധർവത്വത്തെ പ്രാപിച്ചവർ ഒരാണ് മനുഷ്യ ഗന്ധർവാഹ മനുഷ്യഗന്ധർവന്മാര് അങ്ങനെ ഒരു കൂട്ടിലുണ്ടെന്ന് പറയുന്നു ദേവവർഗം തിപ്പെടുത്തിയിരിക്കുകയാണ് ഗന്ധർവന്മാരെയും മറ്റും അദ്വൈതത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചൊല്ലിച്ചു തോന്നി അദ്വൈതത്തിൽ നമ്മളൊക്കെ ഉണ്ടെങ്കിലും ഇതുമുണ്ടോ അദ്വൈതത്തിൽ നമ്മൾക്കൊക്കെ ഒരു സ്ഥാനമുണ്ടല്ലോ അപ്പൊ ഗന്ധർവന്മാർക്കും ഉണ്ട് ഒരു സ്ഥാനം നമ്മളാരും ഇല്ലെങ്കിൽ ഗന്ധർവ്വനും ഉണ്ട് അദ്വൈതത്തിൽ ദേവനോ അദ്വൈതത്തിൽ താനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഞാനുണ്ടോ പിന്നെന്താ ദേവന് കുഴപ്പം അപ്പൊ ഗന്ധർവ്വലോകം ഗന്ധർവന്മാര് അതൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ ഭാഷകാരനും അംഗീകരിച്ചിരിക്കുന്നത് മനുഷ്യഗന്ധർവേഹി വരെ കുറിച്ച് വിശദീകരിക്കുന്നത് പുരാണങ്ങളിൽ പറയുന്നു അതിൽ നിന്നാണ് ഇവരെ കുറിച്ചൊക്കെ അറിയുന്നത് അന്തർധാനാദിശക്തി സമ്പന്ന അന്തർധാനം പോലെയുള്ള ശക്തിയോടുകൂടി ഇവർ അണിമാതി ഐശ്വര്യം എന്ന് പറയുന്നു നിന്ന നിലയ്ക്ക് മറഞ്ഞ് കളയുക പിന്നെ പ്രത്യക്ഷപ്പെടുക ഏതാണ് അന്തർധാനാദിശക്തി എന്ന് പറയുന്നത് അവർക്കെവിടെയും പ്രത്യക്ഷപ്പെടാൻ പറ്റും വിടെയും മറയാൻ പറ്റും എന്നുവെച്ചാൽ മനുഷ്യൻ്റെ പോലെ ഈ സ്ഥൂലമായ വികൃതമായ ശരീരമൊന്നുമില്ല മാംസമയമായ ശരീരമൊന്നും അവർക്കില്ല പിന്നെയോ സൂക്ഷ്മകാര്യകരണാഹ അവർക്കുണ്ട് ശരീരം അവർക്കുണ്ട് കരണങ്ങൾ അതൊക്കെ സൂക്ഷ്മമാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ മാംസമയമായ ശരീരം ഇല്ലാത്തുകൊണ്ടാണ് അവർക്കിങ്ങനെ പ്രത്യക്ഷമാകാനും അപ്രത്യക്ഷമാകാനും കഴിയുന്നത് യോഗികളും അങ്ങനെയാണ് അവർക്കും അപ്രത്യക്ഷമാകാനും അപ്രത്യക്ഷമാകാനും ഒക്കെ ഉള്ള ശേഷി വരുന്നത് അവർക്ക് ഈ മാംസമായ സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് സൂക്ഷ്മ കാര്യകരണങ്ങളെ ആശ്രയിച്ചാ ജീവൻ പ്രവർത്തിക്കാൻ കഴിയും ഉള്ള യോഗശക്തി ഉണ്ട് യോഗികൾക്കും അതൊക്കെ കഴിയും ആശ്രയിച്ച് പ്രവർത്തിക്കാൻ കഴിയും അതാണ് ഇവിടെ പറയുന്ന മനുഷ്യഗന്ധർവന്മാർ അപ്പം മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ അഭ്യാസങ്ങളൊക്കെ ചെയ്ത് അവസാനം മനുഷ്യ ശരീരം ഉപേക്ഷിച്ച് ഗന്ധർവലോകത്തിലെത്തി അവിടെ കഴിയുന്നത് തസ്മാത് പ്രതിഘാത അല്പത്വം ദേഷ അവർക്കെന്താണ് ഈ സുഖ അനുഭവത്തിനുള്ള വിഘ്നം തടസ്സമില്ല മനുഷ്യരീരത്തി അത് പറ്റത്തില്ലല്ലോ പാൽപ്പായസം കൊണ്ട് ഡയബറ്റിക്കാണ് കഴിക്കാൻ പറ്റത്തില്ല പ്രതിഘാതം അതാണ് ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള എല്ലാം മുമ്പ് വന്നാലും അനുഭവിക്കാൻ പറ്റത്തില്ല ഇതാണ് പ്രതിഘാതം ഈ സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടു വരുന്ന ഈ കാര്യങ്ങളെല്ലാം സുഖത്തിന് തടസ്സമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഘാത അല്പത്വം അവർക്കും പ്രതിഘാതങ്ങളൊക്കെ വരാം പക്ഷെ മനുഷ്യ ശരീരമായി താതര പറയുകയാണ് അത് വളരെ അല്പമാണ് അവർക്കെന്താ സൂക്ഷ്മ കാര്യകരണങ്ങളാണ് അവർക്കും വരും സ്വർഗലോകത്തിലെ പാട്ടുകാരാണ് ഗന്ധർവന്മാരെന്നൂരം അവർക്കും അല്പം ഇതൊക്കെ വരും കാരണം പാടുന്നത് ആനന്ദമാണ് പക്ഷെ കുറച്ചുകൂടി നല്ലൊരു പാട്ടുകാരനെ കണ്ടുകഴിഞ്ഞാൽ ദുഃഖം വരും എന്തുകൊണ്ടത് പ്രതിഘാതമായതാണ് പറഞ്ഞത് പ്രതിഘാത അല്പത്വം അവിടെയാണ് കാരണം കാര്യകർണങ്ങൾ ഇരിക്കും ഇരിക്കുന്നുണ്ടെ മനസ്സ് ചെറിയ രാഗദ്വേഷങ്ങളൊക്കെ വരും സ്ഥാനം വളരെ ഉയരുന്നതാണെങ്കിൽ പക്ഷെ മനുഷ്യന് വരുന്നത് പോലെയുള്ള കടുത്ത പകയും വിദ്വേഷവും അസൂഖയും സ്ഥായിയായിട്ടൊന്നും കാണത്തില്ല ചെറുതായിട്ട് വരും പോകും അതാണ് മനുഷ്യഗന്ധനവന്മാരുടെ പ്രതിഘാത അല്പത് ചില വൈരാഗ്യമൊന്നും കാണത്തില്ല നമ്മളെപ്പോലെ അവനും കുറച്ച് പാടിക്കോട്ടെ എന്ന് വിചാരിക്കും അതാണ് ദേഷാം പക്ഷെ അവർ പോകരാറുണ്ട് അതന്നെ അവിടെ പൂർണ്ണതയില്ലാതെ വലിയ ആനന്ദമുണ്ടെങ്കിലും അത് അപൂർണമാണ് ദ്വന്ദ് പ്രതിഘാത ശക്തി സാധന ദ്വന്ദ് പ്രതിഘാതം ഇവിടെ ഈ മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോ ഈ ദുന്തുത്തെ നേരിടുന്നതിനുള്ള ശക്തി വളരെ കുറവാത്തെ നേരിട്ടാ തളർന്നു രാവിലെ ഒരു ചായ ഒക്കെ പിടിച്ച് ഇങ്ങനെ സസം കേട്ടോന്ന് മയങ്ങി ഇരുന്നുകഴിഞ്ഞ ഒരു സുഖമാണ് പക്ഷേ ഇതങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ദുന്ദത്തെ നേരിടാൻ പറ്റത്തില്ല ഇപ്പൊ തോന്നും ആത്മാവാണ് പരമാത്മാവാണെന്നൊക്കെ തോന്നും പുറത്തിറങ്ങിയിട്ടാരെങ്കിലും താനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് താനാരെന്ന് തിരിച്ചും ചോദിക്കണമോ ദ്രതീക്ഷ ഇല്ല അവിടെ ദു കീഴ്പെട്ടുപോകും മാനാപമാനങ്ങളിൽ ലാഭനഷ്ടങ്ങളിൽ ജയപരാജയങ്ങളിലെല്ലാം കീഴ്പ്പെട്ടുപോകും ഗന്ധരുവന്മാരങ്ങനെയല്ല അതിനൊന്നും ഒരു എളുപ്പം കീഴ്പ്പെടത്തില്ല ശക്തി അത് ദുർബലത കൊണ്ടാണ് അതിന് കീഴ്പ്പെട്ടുപോകുന്നു ഭാവി എടുത്ത് വഴിയും നടന്നു പോകുമ്പോൾ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ച സങ്കടം വന്നു ഞാൻ ഇത്രയും പാടുപിട്ടു സ്വാമിയെ എത്രയും പേരെന്റെ കാലിൽ പിടിക്കുന്നു എന്നാലും ഈ ദുഷ്ട കള്ളനെന്ന് വിളിച്ചത് എന്തറിഞ്ഞിട്ടായിരുന്നു ഇത്രയും പരമ ജീവിച്ചിട്ട് ഇത് കേൾക്കേണ്ടി വന്നല്ല സങ്കടം വരെ എന്താണ് ദാർബല്യം ഇവിടെ പറയുന്നത് എന്താണ് ദ്വന്ദ്പ്രതികാത ശക്തി സാധന സമ്പത്തി ബന്ധുമാർക്ക് അതല്ല അതിനെയൊക്കെ അതിജീവിക്കുന്നതിന്റെ ശക്തിയുള്ളൂ ആ ശക്തിയുള്ളവന് നിന്ദയിൽ ദുഃഖം വരത്തില്ല അല്ലാത്തവന് നിന്ദയിൽ ദുഃഖം വരത്തില്ല അപ്പോൾ അത് എല്ലാം ദ്വന്ദ്ം അതുപോലെയുള്ളത് ഉദാഹരണമായി പറഞ്ഞുന്നേ ഉള്ളൂ ആ ശക്തി സാധന സമ്പത്തി കൊണ്ട് ദ്വന്വങ്ങൾക്ക് അവൻ കീഴ്പെട്ട് ദുഃഖിയാകുന്നില്ല അതുകൊണ്ട് അപ്രതിഹന്യ മാനസ്യ പ്രതികാരവത ഒന്നുകൊണ്ടും തകർന്നു പോകാത്ത ഇത് മനസ്സ് വേദാന്തമൊക്കെ കേട്ട് ആത്മാവാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാലും എന്താണ് ദ്വന്ദ് പ്രതികരിക്കുന്നതിനുള്ള ശക്തിയില്ല ഇവിടെ എന്താണ് പറയുന്നത് അപ്രതിഖന്യ മനസ്സെ പ്രതികാരപഥ അതൊരു ശക്തിയാണ് പ്രതികാരം എന്ന് പറയുന്നത് പ്രതികാരമെന്ന് വെച്ചാൽ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തി അതാണ് പ്രതികാരം എന്ന് പറയുന്നത് പ്രതിരോധിക്കുന്നതിനുള്ള ആ ശക്തി മനസ്സിന്റെ ദുർബലതയാണല്ലോ ആ മനസ്സിന്റെ ദുർബലതയെ പ്രതി അതാണ് അപ്രതിഹന്യ മനസ്സ് കീഴ്പെട്ടുപോകാതെ തളർന്നു പോകാത്ത പ്രതിരോധ ശക്തിയുള്ളവൻ ഒന്നു യേശാത്തവൻ പോത്തിനെ പോലെ അല്ല പോത്തിന് ചീത്ത പറഞ്ഞാലും അതിനൊന്നും യോഗത്തില്ല കാരണം അതിന് പ്രത്യേകിച്ച് അതിന് പ്രതികാരമില്ല അങ്ങനെ ഒരു പ്രതിരോധ ശക്തിയില്ല അത് പ്രതിരോധ ശക്തി അത് അതിനത് ഭാഷ മനസ്സിലാകുന്നില്ല മലയാളത്തിൽ പറഞ്ഞാൽ അത് കോത്തിനങ്ങനെ മനസ്സിലാകും ഇത് മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഏത് ഭാഷയിൽ ചീത്ത പറഞ്ഞാലും ശരി സ്വാമിക്ക് ഒരു കുലക്കില്ല അതാണ് പ്രതികാരവത അപ്രതിഹന്യമായ സാർ അതാണ് ഗന്ധർവന്റെ സ്ഥിതി മനുഷ്യഗന്ധർവ്യാ അങ്ങനെയുള്ള മനുഷ്യഗന്ധർവൻ എന്ന് പറഞ്ഞാൽ എന്താണോ ഇതെല്ലാം അവിടെ സംഭവിക്കുമോ എന്ന് ചോദിക്കും ഗന്ധർവന്മാർ കാരണം പ്രകൃതി ത്രിണാത്മികയാണ് അതെവിടെ ആയാലും ശരി ദേവലോകത്തിലായാലും മനുഷ്യലോകത്തിലായാലും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ സ്ഥൂലമായി പ്രവർത്തിക്കുന്നു അവിടെ സൂക്ഷ്മമായി പ്രവർത്തിക്കും അവിടെയും ദ്വന്ദ്ങ്ങൾ വരാം അതെങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊന്നും ആയിരിക്കത്തില്ല അങ്ങനെ ഏത് ദ്വന്ദ്ങ്ങൾ വന്നാലും ഇവിടെ ഗന്ധർവനെന്ന് പറയുന്ന ഒരു ജീവനാണ് ആ ജീവനാവുമ്പോൾ പറഞ്ഞു അവനും സൂക്ഷ്മമായ കാര്യകരണങ്ങളുണ്ട് മനസ്സും അതിനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് ജീവഭാവം അവിടെയുണ്ട് അവിടെയും പ്രതിഖനനം സംഭവിക്കാം തിരിച്ചടി സംഭവിക്കാം ആ തിരിച്ചടിയെ നേരിടാതിരിക്കുന്ന അപ്രതിഖനനം അതിനുള്ള പ്രതിരോധം എന്ന് വെച്ചാൽ ആത്മശക്തി അതാണ് പ്രതിരോധം എന്ന് പറയുന്നത് ആത്മബലം അങ്ങനെയുള്ള മനുഷ്യഗന്ധർവൻ എന്ന് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠങ്ങൾ ആ മനുഷ്യഗന്ധർവനുണ്ടാകുന്ന ചിത്തപ്രസാദം ചിത്തപ്രസാദ പറയുന്നു അവനൊരു ചിത്തപ്രസാദീ ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രകൃതി അത് സത്വരജസ്തംഭുണത്തിൽ ഇങ്ങനെ മാറി മാറിയിരിക്കും അത് അനുകൂലമായും പ്രതികൂലമായും ഇരിക്കും അവിടെയെല്ലാം എന്താണ് പ്രതികാരം കൊണ്ട് മനസ്സിൻ്റെ ആ പ്രതിരോധം കൊണ്ട് ഒരേ ചിത്തപ്രസാദത്തെ നിലനിർത്തുന്നു അതാണ് ഗന്ധർവ് അങ്ങനെ ഒരു ചിത്തപ്രസാദത്തെ നിലനിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു തത്പ്രസാദ വിശേഷ സുഖവിശേഷ അഭിവ്യക്തി നമുക്കും അറിയാം എന്താണ് നമ്മുടെ മനസ്സ് സ്വസ്ഥമായി തന്നു കഴിഞ്ഞാൽ നല്ല സുഖം സന്തോഷം അപമാനം വരുമ്പോൾ ദുഃഖം പരാജയം വരുമ്പോൾ ദുഃഖം ഇതെല്ലാം വരുന്നില്ലേ അവിടെ എന്താ ചിത്തപ്രസാദന്ധർവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് തത് പ്രസാദവിശേഷ അതൊരു അലൗകികമായ ചിത്തപ്രസാദമാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസാദവിശേഷം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തത് ജീവന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ ദുർബലമാണ് അവിടെ ഈ പറയുന്ന പ്രതികാരവും അപ്രതിഹലനവും ഒന്നും അവിടെ എളുപ്പത്തിൽ സംഭവിക്കത്തില്ല തത്വവും ഞാനീ പോലും സംഭവിക്കുന്നില്ല പിന്നീട് സാധാരണ മനുഷ്യന്റെ കാര്യം അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് പക്ഷെ ഇവിടെ അങ്ങനല്ല ഗന്ധർവന്മാര് ചിത്രപ്രസാദത്തിൽ സുഖവിശേഷ അഭിവ്യക്തി അത് നമുക്ക് പരിഗണിക്കുള്ള സുഖമുണ്ട് അത് ഇത്രമാത്രം ആനന്ദമാണെന്ന് പറയാൻ പറ്റും അത് ആനന്ദോണ്ടവരെപ്പോഴും പാടിക്കൊണ്ട് കിടക്കുന്നു സന്തോഷം വരുമ്പോഴേ നമ്മൾ മൂളിപ്പാട്ട് പാടുന്നു ദുഃഖം വന്ന് ആരെങ്കിലും പാടും ആ സുഖവിശേഷം അതാണ് ഗന്ധർവന്റെ ആനന്ദത്തെ ഭാഷകാരം വർണ്ണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയ ആനന്ദമല്ല ശ്രുതി പറയുന്നു അങ്ങനെ ഒരു ആനന്ദമുണ്ടെന്ന് അതെങ്ങനെയായിരിക്കും അന്ന് ഊഹിക്കാൻ വേണ്ടി പറയുന്നു ഇത്തരം ഇവിടെ ലഘുവായ തുച്ഛമായ ആനന്ദത്തൊക്കെ അനുഭവിച്ചിട്ട് ഇതിനും വലിയൊരു ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കേണ്ടെന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം കാരണം നമ്മൾ ആഗ്രഹിച്ചാലും ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പ്രാപിക്കാവുന്ന ആനന്ദം വളരെ തുച്ഛമാണ് എന്താ അഭ്യാസം കാണിച്ചാലും എന്തായാലും ഈ ഗന്ധർവന്റെ ആനന്ദം എന്തുകൊണ്ട് അതാണ് പറഞ്ഞാൽ അവിടെ പ്രതിഹനനമുണ്ട് പ്രതിരോധമുണ്ട് ചിത്തപ്രസാദമുണ്ട് അവിടെ വിശേഷമായ ആനന്ദം പ്രകടമാകുന്നു ഈ കണക്കിന് മുന്നോട്ട് പിന്നെ ദേവഗന്ധർവന്മാരായി മനുഷ്യഗന്ധർവൻ കഴിഞ്ഞാൽ പിന്നെ ദേവഗന്ധർവുമായി അത് കഴിഞ്ഞ് പിന്നെ പിതൃക്കളായി പിന്നെ ആചാര ജന്മാരായ ദേവന്മാരായി പിന്നെ കർമ്മദേവന്മാരായി പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു ബൃഹസ്പതി പ്രജാപതി ബ്രഹ്മാവ് അപ്പോൾ ആനന്ദത്തെ ഇവിടെ ഗന്ധർവന് തന്നെ ഇത്രയും മനസ്സിലാക്കാൻ വയ്യാത്ത ആനന്ദമെങ്കിൽ അപ്പൊ പിന്നെ ബ്രഹ്മാവിന്റെ ആനന്ദം എന്തായിരിക്കും എത്ര വലുതായിരിക്കും നമ്മൾ ഈ മനുഷ്യ വലിയ ആനന്ദത്തെ പ്രാപിക്കാനായി അഭ്യാസം ചെയ്യുന്നു ഈ മനുഷ്യ ശരീരത്തിൽ എത്ര വലുത് ആനന്ദത്തെ ശരി ഇതിന് മുമ്പിൽ ഒന്നുമല്ല ഈ ആനന്ദങ്ങളെല്ലാം ഇവിടെയാണോ അന്തർഭവിച്ചു പോകുന്നത് സൂര്യപ്രകാശത്തിൽ മിന്നാമിനിൻ്റെ പ്രകാശം അത് ഏകീഭവിച്ചു പോകുന്നു എടുത്തു കാണിക്കാൻ കഴിയാതിരിക്കുന്നു അതാണ് ശ്രോത്രയസ്യ അക്കാമഹത്യ സഹജമായ ആനന്ദം അപ്പൊ അത് ഇതിനേക്കാളും വലിയ ആനന്ദമാണോ ഇതിനേക്കാളും വലുതുമല്ല ഇതിനേക്കാളും ചെറുതുമല്ല അതാണ് സാഹചര്യമൊന്നുമില്ല ദൈവം പൂർവസ്യാഹ പൂർവസ്യ ഭൂമിയിൽ ഉത്തരസ്യം ഉത്തരസ്യം ഭൂമു പ്രസാദ വിശേഷത ശതഗുണേന ആനന്ദോത്കർഷ ഉപപദ്ധ്യത ഇതിനല്ല എന്താ കാരണം ഇതെല്ലാം മായയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും പ്രത്യേകതയുണ്ട് എന്താണോ മായ എന്താണ് തിരുഗണാത്മീകയാണ് ആ മായയിൽ സത്വം അത് അളവില്ലാത്ത സത്വം അതിനകത്തുണ്ട് അങ്ങനെയാണോ രജസവും തപസ്സും ഉള്ളത് അതുപോലെ അളവില്ലാത്ത സത്വം ആത്യന്തികമായ മായ പക്ഷെ സത്വത്തിന്റെ ഉത്കർഷം പൂർവസ്യ ഭൂമേഹി ഉത്തരസ്യാം ഉത്തരസ്യാം ഭൂമവും ഇതൊക്കെ ഓരോ അവസ്ഥയാണ് എന്തിന്റെ അവസ്ഥ ചിത്തത്തിന്റെ അവസ്ഥ ഈ ചിത്രത്തിന്റെ അവസ്ഥാഭേദം കൊണ്ടാണ് ഒരാൾ ഗന്ധർവനും ഒരാൾ ബ്രഹ്മാവുമായത് എന്തവസ്ഥാഭേദം പ്രസാദവിശേഷത ചിത്തപ്രസാദം കൊണ്ട് അത് സാത്വികതയുടെ വ്യത്യാസമാണ് മായെ പാടേത്ത ആളുകളുണ്ടെ താമസമാവും ഭീ രാജസവുമായിട്ട് വളരെ ഭീകരമായിട്ടൊക്കെ അനുഭവപ്പെടും പക്ഷെ അത് സത്വത്തിന്റെ ഉത്കർഷത്തിൽ അവിടെ പ്രസാദവിശേഷം വരും പിന്നെ ചെറിയ ചോദിക്കും എന്താണ് അല്ല ബ്രഹ്മാവും മായയിലാണോ അതങ്ങനെ സംഭവിക്കാം ഇന്ദ്രനും മായയിലാണോ അവരെല്ലാം ഉയർന്നവരില്ലേ അത് സമ്മതിക്കുന്നുണ്ട് അവർ സത്വോത്കർഷത്തെ പ്രാപിച്ചവരാണ് അവരിൽ വിശിഷ്ടമായ ജ്ഞാനങ്ങളും യോഗവും ശക്തിയും എല്ലാമുണ്ട് നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമുള്ള ആനന്ദവും ഉണ്ട് അതൊക്കെ സംഭവിക്കുക എന്തുകൊണ്ട് മായ തമോരൂപിണി മാത്രമല്ല അത് സത്വസ്വരൂപിണിയുമാണ് അതുകൊണ്ട് പ്രസാദവിശേഷത സതഗുണേനാ ഉത്കർഷ ബുദ്ധി അപ്പോൾ അവർ നൂറരട്ടി നൂറരട്ടി മുന്നോട്ട് മുന്നോട്ട് ആനന്ദ ഉത്കർഷം ഉണ്ടാകും എന്ന് പറയുന്നതിന് യുക്തം തന്നെ അതേസമയം അവർ ഇത്രയും വിശിഷ്ടമായ ഇതെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി ബന്ധനത്തിൽ തന്നെ മോചിച്ചിട്ടില്ല എന്തുകൊണ്ട് അവരുടെ കർമ്മ ഉപാസനകളുടെ ഫലമായോ ആനന്ദത്തെ ഇത്തരം ഭൂമികൾ ചിത്തഭൂമികളിൽ അവർ അനുഭവിക്കുന്നു സ്വാഭാവികമായി ഈ വലിയ ആനന്ദത്തെ വിട്ടിട്ട് സഹജമായ ആനന്ദത്തിൽ ആത്മനിഷ്ഠയിൽ വർഗീകരിക്കാൻ കഴിയുന്നില്ല അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉത്കർഷമായ ആനന്ദത്തെ ഇവിടെ പറയുന്നതെന്നാണ് ഭാഷകാലം